പിശാജ് അവരുടെ പ്രവർത്തനങ്ങളെ അവർക്കു ഭംഗിയുള്ളതായി തോന്നിപ്പിക്കുകയും മനുഷ്യരിൽ ഇന്നാരും നിങ്ങളെ വിജയിക്കില്ലെന്നും ഞാൻ നിങ്ങൾക്ക് സഹായിയായിരിക്കുമെന്നും പറഞ്ഞ സമയം എന്നാൽ രണ്ടു സൈന്യങ്ങളും പരസ്പരം കണ്ടപ്പോൾ അവൻ പിന്നോട്ടു മാറി ഓടിയിട്ട് പറഞ്ഞു തീർച്ചയായും ഞാൻ നിങ്ങളിൽ നിന്നു മുക്തനാണ് നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു തീർച്ചയായും ഞാൻ അള്ളാഹുസുബഹാനുഹൂവറ്റ ആലായെ ഭയപ്പെടുന്നു അള്ളാഹു സുബഹാനുഹൂവറ്റ ആല കഠിനമായ ശിക്ഷ നൽകുന്നവനാകുന്നു